ഒരു നിശ്ചിതകാലം വരെ നാം അവർക്ക് ശിക്ഷ താമസിപ്പിച്ചാൽ എന്താണതിനെ തടയുന്നത് എന്ന് അവർ തീർച്ചയായും ചോദിക്കും എന്നാൽ ആ ദിവസം അവർക്ക് വരുമ്പോൾ അത് അവരിൽ നിന്ന് മാറ്റപ്പെടുകയില്ല അവർ പരിഹസിച്ചിരുന്ന കാര്യങ്ങൾ അവരെ വിഴുങ്ങുകയും ചെയ്യും